പറയുക അവൻ എത്രകാലം അവിടെ കഴിഞ്ഞു എന്നത് അള്ളാഹുസുബ്ഹാനഹൂവറ്റായാല ആണ് ഏറ്റവും നന്നായി അറിയുന്നത് ആകാശങ്ങളുടെയും ഭൂമിയുടെയും അദൃശ്യകാര്യങ്ങൾ അവനുള്ളതാണ് അവൻ എത്ര നന്നായി കാണുന്നു കേൾക്കുന്നു അവനല്ലാതെ അവർക്ക് യാതൊരു സഹായിയുമില്ല അവൻറെ വിധിയിൽ ആരെയും പങ്കു